ഹരി ഓ അന്തരായതിരൂപാത്തേ ശാത്തപാവനം അചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലംം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാതേ ദക്ഷിണമൂർത്തം ം നാമഗോത്രംത്രം നോജാതിർവർഭത്തി പുരുഷോ നസം നീക്കം നൈവാരം നി ജനിമരണം നാസ്തി പുണ്യം നാപം തത്വം നോ തഹജ സമരസം സദ്ഗുരും തം നമാ സദാശിവസമാരംഭാര്യമധ്യമാ അസ്മദാര്യപര്യ വേ ഗുരുപരം പരാ മൗനവ്യഖ്യകട്രഹ്മത്തം യുവാന വർഷി ക്ഷേവസിഗണൈരാവൃതം ബ്രഹ്മനിഷ ആചാര്യേന്ദ്രം കരകളിതചിന്മുദ്രം ആനന്ദമൂർത്തി സ്വാത്മാരാമം മുദനം ദക്ഷിണമൂർത്തിമേ വേദന്വിഭാസകാതെ ശാന്യ സനകേന്ദ്രസംഘപവേ യോഗീന്ദ്രവ്യ മോഹധ്വാതരാ ഭഗവത്പാദിത്തസ്മൈ ഭാഷ്യമോസ്തു സതത്തും പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകം അഹം ബുദ്ധിർന്നാഹം താത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയാൃഷ്ടമനിത്മനം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശ പൂർണോ വിഭാതി സ്വയം കരുണാൂർണസുധബ്ധേ കബളിതഘനവിശ്വര അരുണാചല പരമാരുണോ ചിത്തകുവിസാ രുണാചലസം ഭൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹത്മതയാൃത്യോ തേ വദന്ത ഹൃദയം നമ അഹമിതി കൂത ആയാന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യ സ്വപം ശാമ്യലത്വനദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസന്തൻ പശ്യത്തി അരുണാചല ി മഹീയം തേ ർപ്പനസം പശ്യൻ സർവൃതിയാതത്തും ഭജത്തെ അനന്യ പ്രീത സജയത്യരുണാചലത്യി സുഖേ മഗ്നം ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമിതി സാക്ഷാ ആത്മരുപേണ ഭാതി ഹൃദി വിശമനസാ സ്വന്വതമ പവനച്ചലനോത്മനിഷോഭവസ്മാജ്ജാതം ജഗത്സവം യന്നലീയത്തെ ഏനേദം ധാരയത്തെ ചൈവ തസ്മൈ ജാനത്മനേനമഹം പ്രജ്ഞാശുപ്രദ സ്ഥിരചരനികോകാൻ ഭുക്തവിാൻ പുനരപി ഷണോദ്ഭാസിതാമജനിയൻ പീവാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരവുങ് മായാ ഭോജയന്നഹം ഖ്യീയം പരമ അമൃതം അജം ബ്രംഹ യന്നാസ്സ്മരാമൃ സംസ്ഫുര ആത്മത സച്ചിത്സുഖം പരമഹം സഗതിയം യത്സ്വ്നജാഗരസുഷുപ്തമവൈതി നിത്യം തദ്ലമഹം നൂതസംഗ മനസാ വചസമ്യം വാചോ വിഭാഗി നിഖിളാദനുഗ്രഹേണ യേതി നേതി വച്ചനൈ നിഗമാ അവോചൻ തം ദമജമുതമാഹുരഗ്രം പ്രാതമാമിതമസ പരം അർക്കർണ്ണം सनातनपदं സനതപദം പുരുഷോത്തമാക്കയ്യം എസ്ദം रज्वाम् രജ്ജ്വാജംഗമ പ്രതിഭാസിതം വൈ മൂന്ന് വാക്ക് പ്രയോഗിച്ചത് നല്ലൊരു ചർച്ചയ്ക്ക് വന്നു പ്രാതസ്മരാമി പ്രാതർഭമി പ്രാതർനമാ സ്മരണം ഭജനം നമനം വന്നു സ്മരണം പൊതുവെ ബുദ്ധിയുടെ ധർമ്മമാണ് റിക്കലക്ഷന് ഭജനം ഹൃദയത്തിന്റെ മനസ്സിന്റെ ധർമ്മമാണ് നമനം ശരീരം വരയ്ക്കും വരെയാണ് ശരീരം വരെ രെ വരുന്ന പ്രക്രിയയാണല്ലോ ആത്മജ്ഞാനം ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പരോക്ഷ ജ്ഞാനം പിന്നെ അത് മനനം ചെയ്ത് ഉള്ളിലാക്കുക പിന്നെ അത് അനുഭവത്തില് വന്ന് പൂർണ്ണമായി എന്ന് എങ്ങനെ അറിയും വ്യക്തിയിൽ പുറമേക്ക് അത് വിനയമായിട്ടും ശാന്തിയായിട്ടും ആർദ്രതയായിട്ടും പക്വതയായിട്ടും കണ്ടാലേ അതിൻ്റെ ഇമ്പാക്ട് ഉള്ളൂ അല്ലേ വ്യക്തിയിൽ ഇതിനെക്കുറിച്ചുള്ള തെളിഞ്ഞ അറിവുണ്ടെങ്കിൽ പോലും വ്യക്തിയിൽ അതിന്റെ പ്രഭാവം ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ടെന്നാണ് അർത്ഥം ഉപാധിയുടെ മണ്ഡലം വരയ്ക്ക് അത് വരണം എന്നാലേ നമുക്ക് കാരണം നമ്മള് സംസാരത്തിൽ ജീവിക്കുന്നത് ശരീരവും മനസ്സും വെച്ചുകൊണ്ടാണല്ലോ അഭിമാനം ശരീരമനോമണ്ഡലത്തിൽ നിന്നും നിശേഷം പോയാലാണ് ജീവൻ മുക്തി എന്ന് പറയണത് ഇപ്പൊ ശരീരമനോമണ്ഡലത്തിൽ സ്വാർത്ഥതയില്ലാതാവൽ എന്ന് പറയണത് ഒരു വിധത്തില് റിവേഴ്സ് ഓർഡറാണത് അന്വയ വ്യതിരേകം പോലെ ആദ്യം എല്ലാത്തിനും തള്ളി തള്ളി തള്ളി തള്ളി ശുദ്ധമായ ചിന്മയമായ സ്ഥിതിയിൽ പോയി ആ അനുഭവം ദൃഢമാവൻ തോറും നാഡീ നരമ്പുകളിൽ കോശങ്ങളിൽ നിന്നൊക്കെ തന്നെ അഭിമാന വൃത്തി പിൻവാങ്ങണം വാങ്ങും അതാണ് രമണ മഹർഷിയുടെ ഉള്ളത് നടപ്പതിലെ മുഖ്യശ്ലോകം ാൻ ഉതിയാത് ഉള്ള നില നാം അതുവായി ഉള്ള നില നമസ്കാരം എന്ന് പറഞ്ഞാലും എന്താ ഞാൻ ഉതിയാതുള്ള നില ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത അവസ്ഥ ഭഗവാൻ ഡെഫിനേഷൻ കൊടുത്തതും അങ്ങനെയാണ് ആത്മജ്ഞാ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളത് അല്പം പോലും ഉദിക്കാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞു സ്വരൂപം എന്ന് പറഞ്ഞാൽ പ്പോ ഇപ്പോ വ്യക്തി അഭിമാന രൂപത്തിലുള്ള അഹങ്കാരം ഉദിക്കുന്നുമോ അപ്പോ അഖണ്ഡത്തിൽ ഒരു വിഛച്ഛിത്തി ഉണ്ടാവുകയാണ് അപ്പൊ നമനം മൂന്നാമത്തെ ശ്ലോകത്തിൽ ഈ നമനമാണ് നമനം നമുക്ക് വ്യവഹാര പ്രപഞ്ചത്തിൽ ശരീര മനോമണ്ഡലത്തിൽ നമ്മള് ഒന്നുമല്ലാതാവുകയാണ് എനിത്തിങ് കാൻ പാസ് ത്രൂ യു ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്തൊക്കെ അയാളുടെ മേലെ വന്ന് വീണാലും ഉള്ളിൽ പോയി മറഞ്ഞു പോയി എങ്ങനെ നദി സമുദ്രത്തിൽ ചെന്നില്ലാതാവണ പോലെ ആപൂര്യമാണ് അചലപ്രതിഷ്ഠം ഒരു റിയാക്ടിംഗ് സെന്റർ ഉള്ളിലുള്ളവരെ ഈച്ച് ആൻഡ് എവറി ഇൻസിഡന്റ് വിൽ ഹാവ് സം ഇമ്പാക്ട് അതാണല്ലോ നമുക്ക് വിഷമം എന്ന് പറയുന്നത് അതാണല്ലോ ആർക്കൊക്കെയോ ലോകത്തിൽ എന്തൊക്കെയോ നടക്കുമ്പോൾ നമ്മളൊന്നും വിഷമിക്കണില്ല പക്ഷെ എനിക്ക് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരണില്ല വിഷമായി ബാധിച്ചു കണ്ടല്ലോ എന്താ കാരണം റിയാക്ടിങ് ഒരു സെന്റർ ഉണ്ട് അവിടെ അഹങ്കാരം എന്ന് പറയുന്ന സെന്റർ ഉണ്ടല്ലോ അത് അടങ്ങി അതാണ് നമനം നമഹ നമഹ നമഹ അതെപ്പോ വരുന്നു ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ സ്വരൂപമാണ് ആത്മസ്വരൂപമാണ് അതിൽ സെപ്പറേറ്റായ ഒരു ഞാൻ ഒരു അഹങ്കാരത്തിന് ഇരുപ്പില്ല എന്നുള്ളത് അനുഭവത്തിൽ വരുമ്പോ അർജുനൻ ഭയപ്പെട്ടു വിശ്വരൂപ ദർശനം കണ്ട് ഭയപ്പെടാതെ വിശ്വരൂപ ദർശനം ഉണ്ടാവണം വിശ്വ തന്നെ ആയിത്തീരണം വിശ്വസ്മൈ നമ അപ്പൊ ഒന്നും പിരിച്ചു നിർത്താനില്ല ഇവിടെ വ്യവഹാരത്തിൽ പോലും നമുക്കൊന്നും ഒരു കുഴപ്പമില്ല ഒന്നിനോട് എതിർപ്പില്ല റിയാക്ഷൻ ഇല്ല ദേഷ്യമില്ല അപ്പൊ നമിച്ചുകൊണ്ടേയിരിക്കണം മുഴുവനും നമനമാണ് ഇത് വന്നിട്ടില്ലെങ്കിൽ ഭഗവാൻ ഭാഗവതത്തിലൊരു സാധന പറഞ്ഞു എല്ലാവരെയും വീണ് നമസ്കരിക്കണമോ പ്രണമേത് ദണ്ഡവത് ഭൂമൗ ആശ്വചാണ്ടാള ഗോഖരം കഴുതയും പശുവും ഒക്കെ നമസ്കരിക്കുന്നു നായും എന്തൊക്കെ ഉണ്ടോ കാണണമൊക്കെ നമസ്കരിച്ചോളാം എത്ര കാലം അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഈ ഭാവം പിന്നെ നമസ്കരിച്ച ആൾ പിന്നെ എഴുന്നേക്കുകയില്ല ഉള്ളിലുള്ള അഭിമാനം നമസ്കാരത്തോടെ മറിഞ്ഞുപോയാൽ പിന്നെ പ്രത്യേകിച്ചൊരു നമസ്കാരം എന്ന് വേണ്ട എപ്പോഴും നമസ്കാരമാണ് ആ നമസ്കാരത്തിന് കാരണം എന്താ ഞാൻ എന്നൊരാളില്ല ഈ ഇങ്ങനെ വീഴണത് അതാണേ ഇപ്പോ നമ്മുടെ ശരീരത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തണമെങ്കിൽ അഹങ്കാരം വേണം നിന്ന നിപ്പിൽ ഉറങ്ങിയാൽ എന്താവും വീഴും അല്ലെ അതാണ് നമസ്കാരം കൊണ്ട് കാണിക്കുന്നത് അഭിമാനം ഇവിടെ വീട്ടു അപ്പോ സാഷ്ടാംഗം വീഴുകയാണ് നിൽക്കാൻ പറ്റില്ല അത് നാച്ചുറലാണ് അഭിമാനം ഉള്ളെന്ന് പോകുമ്പോ നാച്ചുറൽ നമസ്കാരം വരുമല്ലോ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ് പിന്നെ ആ ശരീരം എങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു അത് കഴിഞ്ഞ് വേറെ ഒരു ശക്തി അതിനെ കയറി പിടിച്ചോളണൂ എന്നാണ് നോട്ട് യുവർ ഇൻഡിവിജ്വൽ സെൻസ് ഭഗവാന്റെ കൃപാശക്തിയോ നീതിയോ ആ ശരീരത്തിന് ടേക്ക് ചാർജ് അതായത് മരിച്ചിട്ട് എഴുന്നേൽക്കുന്ന പോലെയാണ് യു പാസ് ത്രൂ ഡെത്ത് ആൻഡ് കം ബാക്ക് ടു ലൈഫ് അപ്പോ പ്രാതർണ്ണമാമി തമസഹാ പരം അർക്കവർണം ഇരുട്ടിനപ്പുറം തമസ പരസ്താത് തമസഹാ പരമർക്കവർണ്ണം എന്ന് വെച്ചാൽ ഇരുട്ടിനപ്പുറമുള്ളൊരു സൂര്യപ്രകാശം എന്ന അർത്ഥല്ല ഇരുട്ടിനെ പോലും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ജ്യോതിഷാം അപ്പി തദ് ജ്യോതി തമസ പരം ഉച്ച ജ്ഞാനം ജ്ഞേം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം ജ്യോതിഷാം അപ്പി തദ്തി എല്ലാ ജ്യോതികൾക്കും അത് ജ്യോതിയാണെന്ന് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളെല്ലാം അത് പ്രകാശിക്കുന്നത് കൊണ്ടാണ് അറിയപ്പെടുന്നത് ശങ്കരാചാര്യരുടെ ഏകശ്ലോകി ഹരിനാമകീർത്തനത്തിലെ നാലാമത്തെ ശ്ലോകം അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ പുറമേ ഉള്ളതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന കണ്ണ് അതിന് കണ്ണ് മനസ്സ് ആ മനസ്സിനും കണ്ണായിരിക്കുന്ന ഒരു പൊരുൾ പ്രകാശപ്പെടുത്തുന്ന പൊരുൾ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തും പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരേ വീണു വണങ്ങി ഓതിടേണം ഉള്ളിലേക്ക് തിരിഞ്ഞ് തണ്ണിനും തണ്ണായിട്ടുള്ള പൊരുൾ അതെല്ലാത്തിനെയും കാണുന്ന പ്രജ്ഞാനേത്രം ശങ്കരാചാര്യർ ചോദ്യോത്തര രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് ഏകശ്ലോകി ആചാര്യസ്വാമിയുടെ അടുത്ത് ഒരു വൃദ്ധൻ ചോദിച്ചു എന്നാണ് കഥ എന്താണ് ഈ പരമപ്രകാശം കിം ജ്യോതിഹി തവ അഹനി പകൽ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ലോകമൊക്കെ കാണുന്നത് ഭാനുമാനഹനിമേ പകൽവേളയിൽ സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് എല്ലാം കാണുന്നത് രാത്രവും രാത്രിയിലോ പ്രദീപാധികം വിളക്ക് കൊളുത്തി വെച്ച് കാണുന്നു സ്യാദേവം ആവട്ടെ അങ്ങനെ ആവട്ടെ രവിദീപദർശന വിധൌക്കും ജ്യോതി ഈ സൂര്യനെയും വിളക്കിനെയും ഒക്കെ എങ്ങനെ കാണുന്നു ചക്ഷുഹു കണ്ണുകൊണ്ട് കാണുന്നു തസ്യനിമീലനാദിസമഹേക്കും കണ്ണടച്ചിരിക്കുമ്പോ എങ്ങനെ കാണുന്നു ഉള്ളിൽ നല്ലവണ്ണം കാണുന്നുണ്ടല്ലോ സ്വപ്നം നല്ലവണ്ണം കാണുന്നുണ്ടല്ലോ കണ്ണാടിയില്ലാത്ത തന്നെ സ്വപ്നം കാണുന്നുണ്ടല്ലോ പാകമേക്ക് രൂപങ്ങളൊക്കെ എങ്ങനെ കാണുന്നു ധീഹി ബുദ്ധി കൊണ്ട് കാണുന്നു ധിയോദർശനേക്കും ആ ബുദ്ധിയെ എങ്ങനെ കാണുന്നു ആര് കാണുന്നു സാക്ഷിയായിട്ട് അഹം ഭവാൻ പരമകം ജ്യോതിഹി തത്വമസി ഇതിനെ മുഴുവൻ സാക്ഷിയായിട്ട് കാണുന്ന ഏതൊരു വെളിച്ചമുണ്ടോ അത് നീ ഭവാൻ പരമകം ജ്യോതിഹി തദസ്മി പ്രഭോ പറയുന്നത് അത് തന്നെയാണ് ഞാൻ സോഹമസ്മി തഥസ്മി പ്രഭു ഹേ ഭഗവൻ അതാണ് ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർവികൽപ്പ സമാധി നിഷ്ഠനായിട്ട് തീർന്നു അത്ര ആചാര്യസ്വാമിയുടെ ഉപദേശ സന്ദർഭത്തിൽ അപ്പൊ എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ഒരു വെളിച്ചം അത് ആ വെളിച്ചം ഇരുട്ടിലും പ്രകാശിക്കുന്നുണ്ട് ഇരുട്ടിലിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് ഒരു സംശയം വരുന്നത് പ്രകാശം എന്ന് വെച്ചാൽ അറിയിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം കണ്ണിന് പ്രകാശ രൂപത്തിന് കണ്ണ് ശബ്ദത്തിന് ചെവി മണത്തിന് മൂക്ക് രുചിക്ക് നാവ് സ്പർശത്തിന് ത്വക്ക് ഒക്കെ പ്രകാശമാണ് പ്രകാശം അല്ലാതെ ഈ ലൈറ്റ് മാത്രം അർത്ഥമല്ല എന്ത് മറ്റൊരു വസ്തുവിനെ അറിയിപ്പിക്കുമോ സ്വയം തന്റെ ഇരിപ്പിനെ അറിയിപ്പിക്കുമോ അതാണ് പ്രകാശം അങ്ങനെ നോക്കുമ്പോ ഏറ്റവും വലിയ പ്രകാശം എന്താ നമ്മളുടെ തന്നെ ഇരുപ്പാണ് ഇരുളിലിരിപ്പവനാർ ചൊൽകനീയെന്നൊരുവനുരപ്പതുകെട്ടു താനുമേവം നീയുമാരെന്ന് ചോദിക്കുകയാണ് അങ്ങടെ ഇങ്ങടെ അപ്പോ അതിൻ പ്രതിവാക്യമേകമാകും രണ്ടുപേര് ഇരുട്ടിലിരിക്കുമ്പോ പരസ്പരം ആരാണ് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനാണ് ഞാനാണ് പ്രതിവാക്യമേകമാകും അഹം ഇരുളല്ല ഇരുളാകിലന്ധരായി നാം അഹമഹമെന്ന് അനുഭവം ഒരിക്കലും ഇരുളല്ല എന്നാണ് എന്ന് അത് മെറ്റീരിയലിസ്റ്റിക് അല്ല അതിനെ അറിയാൻ വേറെ ഒരു പവറും ആവശ്യമില്ല അത് സ്വയം പ്രകാശമാണ് അതുകൊണ്ട് ഇരുളിൽ അഹം എന്നുള്ളത് മാത്രം പ്രകാശിക്കണം ഞാനെന്നുള്ളത് ഇരുട്ടിലും നല്ലവണ്ണം അറിയപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് തമസ പരം ഒരു പോയിറ്റിക്കൽ ഇഫക്റ്റാണ് അർക്കവർണം എന്ന് പറഞ്ഞത് സൂര്യനെ പോലെ ജ്വലിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു തരത്തില് ഒരു മെന്റൽ എഫക്റ്റേഷൻ ഉണ്ടാവും സൂര്യനെ പോലെ പ്രകാശിക്കുന്ന എന്തോ ഒന്ന് സൂര്യൻ പോലും പ്രകാശിക്കുന്നത് ഇതിന്റെ പ്രസൻസിലാണ് സൂര്യനെ പോലും ഗ്രഹിക്കുന്നത് കണ്ണുകൊണ്ടാണല്ലോ കണ്ണടച്ചാൽ സൂര്യൻ ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല നേരെ ഒരു ഇന്ദ്രിയങ്ങളെയും അടച്ചിട്ടും അടയ്ക്കാൻ പറ്റാത്ത ഒരു പ്രകാശാണ് അവനവന്റെ ഇരിപ്പ് അഹം അഹം അഹം അഹം എന്ന അനുഭവം ഞാൻ ഞാൻ ഞാൻ ഞാൻ അനുഭവത്തിനെ മാത്രം ക്ലോസ് ചെയ്യാനേ പറ്റില്ല അൺക്ലോസബിൾ അൺകവറബിൾ അതിന് അതുകൊണ്ടാണ് പറയണത് മറഞ്ഞിട്ടേ ഇല്ലല്ലോന്ന് ആവരണമേ ഇല്ല അതിന് കവറിങ്ങേ ഇല്ല ഒന്നിനും അതിനെ മറയ്ക്കാനേ സാധ്യമല്ല അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്ന വസ്തുവാണ് അതിന് ആവരണമേ ഇല്ല അനാവൃതമാണത് നിത്യം അനാവൃതം ശ്രുതിഗീത എന്ന് പറയേണ്ട ആവൃത ആവരണമേ ഇല്ല അതിന് ആത്മാവിനെ മറയ്ക്കാൻ ഒരു പദാർത്ഥത്തിന് സാധ്യമല്ല എല്ലാ പദാർത്ഥവും അതിന്റെ ഇരിപ്പിനെ കാണിക്കുന്നത് തന്നെ അതിന്റെ സ്വസ്വരൂപത്തിന്റെ ഇരുപ്പിനെ വെച്ചുകൊണ്ടാണ് അട്ടെ അപ്പോ തമസ പരം അർക്കവർണം ഇരുട്ടിനെ കടന്നു നിൽക്കുന്ന ഒരു വെളിച്ചമെന്നർത്ഥം ഇതൊക്കെ നമുക്ക് മനനം ചെയ്യാനാണ് ആത്മവിചാരം ചെയ്താൽ ഇത് നമുക്ക് ഇതേപടി ഉള്ളിൽ കാണാം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എനിക്ക് നല്ലവണ്ണം ഉറപ്പുള്ള കാര്യമാണല്ലോ എന്റെ തന്നെ ഇരുപ്പ് ഹൃദി സംസ്ഫുരത് ഹൃദയത്തിൽ സദാ ജാഗ്രതാദിഷു അവസ്ഥാസു അഹമഹമിതി ജാഗ്രത സ്വപ്നത്തിൽ സുഷുപ്തിയിൽ ഒന്നും മാറാതെ ഇരിക്കണം ജാഗ്രതത്തിലാണ് നമ്മളിപ്പോ ചെയ്യണത് എപ്പോഴും നോക്കിക്കോളൂ നമ്മളുടെ ഉള്ളിൽ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ ആ മന്ത്രം മാത്രം ബാക്കി മന്ത്രമൊക്കെ ജപിക്കാൻ പറ്റണില്ല മറന്നുപോയി എന്നൊക്കെ പറയാം പക്ഷേ ഈ മന്ത്രം നിർത്താനേ പറ്റാത്തൊരു മന്ത്രമാണ് ഞാൻ ഞാൻ ഞാൻ വായുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ മൂവ്മെന്റ് നമുക്കകത്തെ ഒരു സംശയവുമില്ല എനിക്ക് സാധന ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അതാണ് പറയണത് ആത്മാവിന് വല്ല സാധനമാണോ ജഡശരീരം സാധന ചെയ്യോ പിന്നെ ആരായി സാധന ചെയ്യാൻ പോണ എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല ആരായി ധ്യാനിക്കാൻ പറ്റാത്ത ആള് എനിക്ക് മനസ്സിലായില്ല ആരായി മനസ്സിലായില്ല എന്ന് പറയണത് ഈ തൂണ് ഇത്ര പ്രഭാഷണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞില്ല നിങ്ങളുടെ ഉള്ളിലിരുന്ന് മനസ്സിലായില്ല എന്ന് ആര് പറയണു ഇതാണ് വിചാരം ഇതാണ് ഇത്രയുള്ളൂ കോൺഫ്ലിക്സ് ഒക്കെ വരുമ്പോ കോൺഫ്ലിക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഉള്ളിലരുന്ന് അന്വേഷിക്കുക ആരാ അത് ബാധിക്കണത് ആരാ ഇതുകൊണ്ട് അഫക്ടഡ് ആവണത് വേറെ ഒരാൾക്ക് ഇതിന്റെ അഫക്റ്റേഷൻ ഇല്ലല്ലോ ഇതിനകത്ത് അഫക്റ്റഡ് ആവുന്ന ആളാരാണ് ഞാൻ പറയണമെന്ന് പോലുമില്ല ശ്രദ്ധിച്ചാൽ മതി സെന്റേർഡ് ഫീലിംഗ് ഈ ഒരു മാർഗമില്ലെങ്കിൽ ബാക്കിയൊക്കെ ഇന്റലക്ച്വൽ ആവും ഇങ്ങനെ വന്നുള്ളിൽ പോയിട്ട് സെന്ററിൽ പോയി നിൽക്കണമല്ലോ അതിനൊരു ഒരു വാഹനമാണത് ഒരു ഇന്നർ വെഹിക്കിളാണ് ആർക്കായി ഈ ബാധ വരണത് ആർക്കായി വിഷമം വരണത് കോപം വരണത് ആർക്കാം ഡിപ്രഷൻ വരണത് ആർക്കാം ഈ ചോദ്യം ചോദിക്കാൻ ആളുകൾ റെഡി ആവണില്ല അവിടെയാണ് നമ്മൾ ഫെയിലാവണത് നമ്മൾ മനസ്സിലാക്കുന്നതിലൊന്നും കുഴപ്പമില്ല അതിബുദ്ധിശാലികളും സത്സംഗത്തിലിരിക്കുമ്പോ രുചിയും വരുന്നുണ്ട് അത് മോരു രുചിയാണ് മനസ്സിലായോ മോര് കുടിക്കണം മോര് കടഞ്ഞാൽ വല്ലതും കിട്ടുമോ തൈര് കടഞ്ഞാലേ കിട്ടുള്ളൂ അല്ലേ തൈരിൽ കടഞ്ഞ് വെണ്ണയൊക്കെ എടുത്ത് ആചാര്യന്മാരൊക്കെ തിന്നു കഴിഞ്ഞിട്ട് അവർ മോര് തരുമ്പോ വെണ്ണയുടെ ഒത്തിരി രുചി അതിലുണ്ടാവും മോരു കുടിച്ചാൽ പോരാ നിങ്ങൾ തൈരാണ് നിങ്ങളുടെ ഉള്ളിൽ വെണ്ണയുണ്ട് അത് നിങ്ങൾ കടഞ്ഞെടുക്കണം അതാണ് നിധിധ്യാസനം ഇവിടുന്ന് ഇങ്ങനെ കിട്ടുന്നത് മോരാൾ കാരണം അതിൽ ടേസ്റ്റ് ഉണ്ടാവും അതിൽ വെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അതിന്ന് വെണ്ണ എടുക്കാൻ പറ്റില്ല വെണ്ണ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇവിടുന്ന് കേൾക്കുമ്പോ ഉള്ളിലുള്ള വെണ്ണയുടെ ഒരു ചെറിയ സ്പർശ ഉണ്ടാവും സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്ണുതെ അതുകൊണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു സമാധി സുഖം വരണ്ട് അതൊരു ഗ്ലിംസ് ആണ് ഇന്റിമേഷനാണ് നിങ്ങൾക്കത് വാസ്തവമാവണമെങ്കിൽ യോഗസ്ഥിതിയായിരുന്നാൽ പോരാ ജ്ഞാനസ്ഥിതിയാവണം യോഗസ്ഥിതിക്ക് ജ്ഞാനസ്ഥിതിക്ക് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ യോഗസ്ഥിതി എന്തിന്റെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നതാണ് മന്ത്രം ജപിക്കുന്നത് കൊണ്ടോ ഭജന പാടുന്നത് കൊണ്ടോ അല്ല നിങ്ങൾ ഒരു എഫേർട്ട് ചെയ്ത് മെഡിറ്റേഷൻ എവിടെയെങ്കിലും ഒന്ന് ഏകാഗ്രപ്പെടുത്തുമ്പോൾ ഉണ്ടാവണതോ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു മഹാപുരുഷന്മാരുടെ സമ്പർക്കത്തിലൊക്കെ വരുമ്പോഴൊക്കെ വരുന്നത് യോഗസ്ഥിതിയാണ് അത് യോഗശക്തി യോഗമായ ഒക്കെ പോലെ അതൊരു തരത്തിൽ ഒരു ഹയർ പവറുടെ ഇൻഫ്ലുവൻസ് അത് നിങ്ങളുടെ അല്ല അത് നിങ്ങളുടെ ആവണമെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് സത്സംഗമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ ഡിപ്രഷനും വിഷമങ്ങളും ഒക്കെ വരുമ്പോ നിങ്ങൾ എപ്പോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കാൻ പോണോ ആരാ ഡിപ്രസ്ഡ് ആവണത് ആർക്കായി വിഷമം വരണത് ആർക്കായി വേദന വരണത് ആരാ അനുഭവിക്കണത് എന്ന് ഈ ഞാനാര് എന്ന് ചോദിച്ച് െന്നുള്ള സെന്റർ ഓഫ് പെയിൻ സെന്റർ ഓഫ് സഫറിംഗ് എല്ലാ അനുഭവങ്ങളും എനിക്ക് വരണു എന്നെ ബാധിക്കണു ചിജട ഗ്രന്ഥി എന്ന് ശാസ്ത്രം എന്റെ ജീവിതം ഞാൻ എങ്ങനെ സഹിക്കും എന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നത്തിന് പുറമേ പരിഹരിക്കുകയില്ല ഉള്ളില് ഈ പ്രശ്നം ആരെ ബാധിക്കണൂ ഈ അഹങ്കാരത്തിന് ഈ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ് അഹങ്കാരത്തിനെയാണോ പിടിക്കുന്നത് ആത്മാവിനെയല്ല ഈ അഹങ്കാരം ഒരു ത്രെഡ് പോലെ പിടിച്ച് ഉള്ളിൽ പോവുകയാണ് ഈ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് എനിക്ക് എന്റെ ജീവിതം എന്റെ പ്രശ്നം എനിക്കിങ്ങനെ സംഭവിച്ചു ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഈ വൃത്തി ആ വൃത്തി കൂടാതെ വേറെ ഒരു വൃത്തിയും വരാൻ പറ്റില്ല അതൊരു തരം എനർജി ഡാൻസ് ആണത് ഇറ്റ്സ് ദ സോഴ്സ് ഓഫ് എനർജി മറ്റ് എനർജികളുടെയൊക്കെ സോഴ്സ് എനർജിയാണ് യഹം വൃത്തി അതിന്നാണ് കാമം ക്രോധം ഡിപ്രഷൻ ടെൻഷൻ ആംഗസൈറ്റി ഒക്കെ വരണത് അതിന്റെ മൂലകാരണമാണ് അഹങ്കാരം എന്ന് പറയുന്നത് അഹങ്കാരം നമ്മൾ അഭിമാനിച്ച് പുറത്ത് എക്സ്പ്രസ് ചെയ്യണ അഹങ്കാരം ഒന്ന് വരെ അതിന്റെ ബേസ് എന്താ പറയാ ഒരു മെഡിസിനൊക്കെ ഒരു വ്യാധിക്കൊക്കെ മൂലകാരണവും കണ്ടുപിടിക്കില്ലേ വൈറസ് െ വൈറസ് എന്നല്ലേ അതുപോലെ സംസാരത്തിന്റെ വൈറസ് ആണ് ഈ അഹംവൃത്തി ദാറ്റ് ഈസ് ദ ഫേസ്റ്റ് ഡിവിഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ അൺ ഇന്റപ്റ്റഡ് അവയർനെസ് ആ ഡിവിഷനെയാണ് മൂലം കാണിച്ചത് ഇപ്പൊ ഞാൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫെൻറ്റാസ്റ്റിക് ആയിട്ടിരിക്കും വളരെ നന്നായിരുന്നു എന്ന് പറയും ഒരു കാര്യവുമില്ല അത് നിങ്ങളെ തന്നെ അത് പറ്റിച്ച് എന്നെയും പറ്റിക്കും നിങ്ങൾ അതിനെ ആസ്വദിക്കുകയാണ് ചെയ്യണത് ആരാ ആസ്വദിക്കണത് ആസ്വദിക്കുന്നത് ഒരിക്കലും ആത്മാ അല്ല പഞ്ചസാരയെ ഉറുമ്പ് തിന്നുമ്പോ ഉറുമ്പ് ആസ്വാദകനും പഞ്ചസാര ആസ്വാദ്യവുമാണ് അതുപോലെ എനി കൈൻഡ് ഓഫ് പ്ലഷർ is an expression of ego. Spiritual pleasure is an expression of ego. There is only one pleasure which does not contain ego, that is in deep sleep. If you have seen that, you can see that one. It's a very good one. That's it. If you have seen that, you can see that one. ഒരു തരത്തിൽ നിങ്ങളെ ഒരു സ്പിരിച്വൽ കള്ളു കുടിക്കാൻ പഠിച്ചിരിക്കുകയാണ് എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്തത് ഇത് ഇത് സത്സംഗത്തിലിരുന്നിട്ട് കുഴപ്പം മാറാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയണത് ആത്മവിചാരം ചെയ്യാതെ ഗുണം പിടിക്കില്ല എൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ ഒക്കെ വരുമ്പോൾ അതിന്റെ മൂലകാരണം ഈ അഹംവൃത്തിയാണെന്ന് അന്വേഷിച്ച് വളരെ അലേർട്ട്നെസ് വേണം അതിന് ഇതിപ്പോ ഇങ്ങനെ ഊട്ടി തരികയാണേ അപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല തൽക്കാലത്തേക്കുള്ള സുഖം മാത്രമാണ് ഇത് വലിയൊരു ഉപകാരം ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നുണ്ട് നിങ്ങളെ ഹൃദയത്തിൽ തള്ളിക്കാണിച്ചു തരികയാണ് പക്ഷെ നിങ്ങൾ തനിച്ചു വരുമ്പോ ഞാനവിടെ ഉണ്ടാവാൻ പോണില്ല ഞാൻ ഉണ്ടായിട്ടും കാര്യമില്ല വീണ്ടും നിങ്ങളിത്തിരി പോയിട്ട് ജീവിതത്തിൽ ഇത്തിരി വിഷമം വരുമ്പോ കള്ളുപിടിച്ചിട്ട് വരില്ലേ ആളുകൾ അതുപോലെ നിങ്ങൾ ചെയ്യൂ അത്രയേ ഉള്ളൂ നിങ്ങളായിട്ട് ഇതിനെ ഫേസ് ചെയ്യണവരെ നിങ്ങൾ ഒരു ഉപായവും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതാണ് പറഞ്ഞ യോഗസാധനം പോരാ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഉപായവും ഉപയോഗിക്കാൻ പാടില്ല ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുഴപ്പങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പുറത്തേക്ക് ചാടുമ്പോ പുറമേയുള്ള ഒരു ഉപായവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ജപമോ ഭജനയോ ഉപയോഗിക്കാതെ ആ പ്രശ്നത്തിനെ നേരിട്ട് നിന്നിട്ട് ആരനുഭവിക്കണമെന്ന് നിങ്ങൾ ചോദിച്ചാലേ നിങ്ങൾ രക്ഷപ്പെടൂ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പാടില്ല ടെക്നിക് ഉപയോഗിച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കും തൽക്കാലത്തേക്ക് യു വിൽ സോൾവ് ദ പ്രോബ്ലം ബട്ട് ദ പ്രോബ്ലം വിൽ റിമെയിൻ ദയർ ഭഗവാന്റെ അടുത്ത് പോലും പോവാൻ പാടില്ല നിങ്ങളൊരു ഒരു ബൊമ്മ ഉണ്ടാക്കുകയാണ് ഒരു പാവ ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇന്ന് നോക്കുക സഹിച്ചു നോക്കുക അനുഭവിച്ചു നോക്കുക ഭഗവാന്റെ അടുത്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഭഗവാന് ഞാൻ നിങ്ങളുടെ വെറൊരു നിങ്ങളുടെ മുമ്പിലൊരു ബലിയാടാണ് എവിടെ വേണമെങ്കിൽ വെട്ടിക്കോളൂ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയാ ഭഗവാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല സഹിച്ചോളാം രാമകൃഷ്ണപരമം സർ പറയില്ലേ ഒരു കഥ രാമൻ വില്ലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ ലക്ഷ്മണൻ ചോട്ടിൽ നോക്കിയപ്പോ ഒരു തവള ആ വില്ലിന്റെ ചോട്ടിൽ പെട്ടിട്ട് ഇങ്ങനെ രക്തം വരികയാണ് അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞുതാ കേട്ടാഥാ ഒരു തവള വില്ലിന്റെ ചുവട്ടിൽ പെട്ടിരിക്കണമെന്ന് ഉടനെ രാമൻ അത് തവളയെ കയ്യിലെടുത്തിട്ട് ഷോ ഒന്ന് കരഞ്ഞൂടെ എന്ന് പറഞ്ഞു ശബ്ദമുണ്ടാക്കിയാൽ എനിക്കറിയില്ലേ ഞാൻ ഈ അറിയാതെ ഇല്ല അമർത്തിപ്പിടിച്ചുവല്ലോ അപ്പൊ തവള പറഞ്ഞു എത്ര ആരെങ്കിലുമൊക്കെ എന്നെ വിഷമിപ്പിക്കുമ്പോ ഞാൻ രാമാ രാമാന്ന് വിളിക്കും രാമൻ തന്നെ എന്നെ വിഷമിപ്പിക്കുമ്പോ ഞാൻ ആരെ വിളിക്കും ചോദിച്ചു അത്ര സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് അപ്പൊ ഏത് വിധത്തിലുള്ള വിഷമങ്ങൾ ഭഗവാൻ മുഖമാണല്ലോ വരണത് അപ്പൊ യു ഡിസേർവ് ഇറ്റ് So, you have to swallow it, assimilate it. assimilate Vasham േറ്റ് വിഷം കുടിച്ചില്ലേ ശിവൻ വിഷം കുടിച്ച് ഖണ്ഠത്തിൽ നിർത്തിയില്ലേ നീലകണ്ഠനായിട്ട് കിം നീലമണിർ vada. ശംഭോ മഹാത്മന്വ നീലമണിയായിട്ട് തീർന്നു അപ്പൊ ആത്മവിചാരം എന്ന് പറയണത് എസ്കേപ്പിസമേ ഇല്ല അവിടെ അത് ചെയ്യാൻ തയ്യാറാവുന്നവരെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പേ വെച്ചിട്ടില്ലർത്ഥം ആരെന്ന് നോക്കുകയാണ് നമ്മൾ മഹർഷി ചെയ്തത് അതാണല്ലോ ഒരു പ്രാവശ്യമേ ചെയ്തോളൂ അദ്ദേഹം മഹർഷിയായി ഒരേ ഒരു പ്രാവശ്യം മരണഭയം മുമ്പിൽ വന്നു ഞാനിതാ മരിക്കാൻ പോണെന്ന് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നല്ലോ അല്ലെ എവിടെയെങ്കിലും ഒക്കെ ഓടി പോവായിരുന്നു ആരെടുത്തെങ്കിലും പറയായിരുന്നു എനിക്ക് മരണഭയം വരണമെന്ന് പറയായിരുന്നു എന്തെങ്കിലും ഒന്നും ചെയ്തില്ല ജാഗ്രതയായിട്ട് നോക്കി മരിക്കാൻ പോണു ശരീരം മരിച്ചു ഇതിനെടുത്തുകൊണ്ടുപോയി ശ്മശാനത്തില് സി ദ എൻഡ് എന്താവും ഈ ഇമോഷൻ ഇങ്ങനെ പോയാൽ എന്താവും മരിക്കും മരിച്ചാൽ എന്താവും ശരീരം കൊണ്ടുപോയി ശരീരത്തിനെ തീലിട്ട് എരിച്ചു കളഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ എന്തായി ഞാനില്ലാതാവണുണ്ടോ ഇല്ല അതിൽ അന്യമായി അഹം അഹം എന്ന അനുഭവം സുസ്പഷ്ടമായി അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ ശരീരമല്ല ഈ മരിച്ചു പോകുന്ന വസ്തുവല്ല അന്യമായ പൂർണ്ണ വസ്തുവാണ് കുറച്ച് കഴിഞ്ഞു അത്രയുള്ളൂ നമ്മുടെ മഹർഷിയുടെ സാധന അത്രയേ ഉള്ളൂ നമ്മൾക്കും ഭഗവാൻ ധാരാളം ചാൻസ് തരണ്ടേ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോ എനിക്ക് വരണോ എനിക്ക് വരണോ എനിക്ക് വരണോ ഞാൻ ഞാൻ ഒരു പരിഹാരമില്ല അപരിഹാരിയർഥേ നത്വം ശോചിതുമർഹസിന്ന് പറഞ്ഞു പരിഹരിക്കാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ സി പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ പരിഹാരമില്ലാത്തത് അർത്ഥം പരിഹാരം ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ സൊല്യൂഷൻ ബിക്കോസ് എനിത്തിങ് ദാറ്റ് Carry solution is not a problem. then let's <laughs> put on more open INSPE πα鳥 at home that's a problem already happened that you were born. there should be atmaunter in your heart I see the novellas has been coming I see the tomar on the ры the എനിക്ക് കോപം വരണം എനിക്ക് വിഷമം വരണം എനിക്ക് പ്രശ്നം വരണം ഞാൻ ഞാൻ ഞാൻ വിട്ടശങ്ങാതെ ഒരു ചലനമില്ലാതെ ഇരുന്ന് നോക്കുക കണ്ണുപോലും ചിമിട്ടാതെ യോഗസ്ഥിതിയിലിരുന്ന് ഉള്ളില് ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ വെച്ചാൽ ആ ശ്രദ്ധിക്കുമ്പോ കാണാൻ നിങ്ങൾക്ക് യോഗസ്ഥിതി തനിയെ വരണം ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ നോക്കണമെങ്കിൽ അഭിമാനം വേണം വെളിയിൽ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ അഭിമാനം വേണം എന്തുകൊണ്ടെങ്കിലൊക്കെ അഫക്റ്റഡ് ആവണമെങ്കിൽ അഭിമാനമാണ് ഈ ഭൂതാത്മാ അന്താമി ഉള്ളിലുള്ള അന്തഃശരതി ഭൂതേഷു ഗുഹായാം വിശ്വമൂർത്തിഷു ഉള്ളിലുൾ ചരിക്കുന്ന അജീവകല അജീവകലയെ മൂലാന്വേഷണം ചെയ്യാണ് എന്താണ് ഇത് എന്താണ് ഇതിന്റെ സ്വരൂപം ധ്യാനിച്ചുകൊണ്ടേ ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ആര് ജപിക്കണം ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് ആര് എഴുന്നേറ്റു ഇത്രയും നേരം ഈ ഞാൻ എന്നുള്ള ഒരു വികാരം ഉണ്ടായിരുന്നില്ല സുഖമായി ഉറങ്ങി ഇപ്പോ ഉറക്കത്തിൽ ആദ്യം ഉദിച്ചതെന്താ ഞാൻ ഇതൊരു വലിയ മിസ്ട്രിയാണ് നടക്കണം നോക്കുകയുള്ളില്ല സുഖമായി ഉറങ്ങി ഒന്നും പറഞ്ഞില്ല ആദ്യം ഉറക്കത്തിന്ന് പുറത്തു വരുന്നത് അഹം എന്നുള്ള വൃത്തിയാണ് ആ വൃത്തി വന്നത് മനസ്സ് വന്നു ലോകം വന്നു അവൻ ഇവൻ എല്ലാം വന്നു ഞാൻ എന്നുള്ളതില്ലെങ്കിൽ അവൻ നീ അവൻ ഒന്നുമില്ല ഞാൻ ഉദിച്ചതും നീ അവനൊക്കെ വന്നു അതാണ് ഈ കോൺഷ്യസ് ആയിട്ട് ജാഗ്രതയിൽ ഈ അഭിമാനവൃത്തി ലയമായാൽ നീ അവനൊന്നും ഉണ്ടാവില്ല രൂപങ്ങളൊക്കെ കാണും പക്ഷെ നീ അവനൊന്നും ഉണ്ടാവില്ല അതാണ് ആത്മദർശനം എല്ലാ ആത്മാവായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി ഇല്ലാതാവുമ്പോൾ വ്യക്തിത്വം ഒക്കെ പോകും ഒന്നിനും വ്യക്തിത്വം ഇല്ലാതാവും സ്ഫുരണം അവിടെയാണ് ഈ സ്ഫുരണയെ നമ്മള് ഗ്രഹിക്കുന്നത് അഹങ്കാരം ആത്മവിചാരം കൊണ്ട് അഹം സ്ഫുരണയായിട്ട് തീരും ഹൃതി സംസ്ഫുരത്ത് എന്ന് പറഞ്ഞുവല്ലോ നിശ്ചലമായ വസ്തുവിന് സ്ഫുരണയില്ല സ്ഫുരണ എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്പ്രഷനാണ് വെള്ളത്തിന്റെ ഉള്ളിൽ ഒരാൾ മുങ്ങിക്കിടന്നാൽ സർഫസിൽ പുള്ളി പുളി പുളി ഇങ്ങനെ വരും ഉള്ളിലാളുണ്ടെന്ന് കാണിച്ച് അതുപോലെ ഹൃദയത്തിലുള്ള വസ്തു മനോമണ്ഡലത്തിൽ സ്ഫുരണകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ആ സ്ഫുരണയുടെ സ്ഥൂല രൂപമാണ് നാടികളിലും നരമ്പുകളിലും കോശങ്ങളിലും ഒക്കെ കടന്നിട്ട് അഭിമാനമായിട്ട് നിൽക്കുന്നത് ഏറ്റവും വലിയ റവലൂഷനാണത് നാടികളിലും നരമ്പുകളിലും ബ്രെയിൻ സെന്റേഴ്സിലും ഒക്കെ കടന്ന് നമ്മളുടെ പേഴ്സണാലിറ്റിയായിട്ട് നിൽക്കണത് ഉണ്ടല്ലോ അതിന്റെ സട്ടലസ്റ്റ് മാനിഫെസ്റ്റേഷനാണ് സുരണ അതിന്റെ ഗ്രോസസ്റ്റ് മാനിഫെസ്റ്റേഷനാണ് ശരീരം പ്രപഞ്ചം അപ്പൊ പതുക്കെ പതുക്കെ അഹം വൃത്തിയെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അഹം വൃത്തി അഹം സ്ഫൂർത്തിയായിട്ട് മാറും അനുഭവത്തിൽ സ്പന്ദനം മന്ത്രജപം ഉത്തമ അജപാജപത്തിനെ നമ്മളുള്ളിൽ കാണും അതാണ് അഹംസ്ഫൂർത്തി നമ്മ നമ്മള് വെളിയിലൊരു നാമജപം ചെയ്യുന്നതും ഒക്കെ തന്നെ ഈ അജപാജപത്തിനെ കാണാനാണ് എല്ലാ മന്ത്രജപം ചെയ്ത മഹാപുരുഷന്മാരും അവസാനം കണ്ടിട്ടുണ്ട് അവരുണ്ടാക്കിയ സ്പന്ദനം പോയിട്ട് അനുസ്യൂതം നടക്കുന്ന ഒരു സ്പന്ദനത്തിനെ ഉള്ളിൽ കാണുന്നു കാണുന്നു അതോടുകൂടെ അവരുടെ ജപമൊക്കെ അവസാനിച്ചു ചെയ്യുന്ന ജപം പോയി നടന്നുകൊണ്ടിരിക്കുന്ന ജപത്തിനെ ഉള്ളിൽ കണ്ടു പലപ്പോഴും പക്ഷേ നമ്മൾ രാമനാമം ജപിച്ചാൽ നമ്മൾ ജപിച്ചു തുടങ്ങിയ രാമനാമമാണോ ഉള്ളിൽ പോണതെന്ന് തോന്നും മൂലസ്പന്ദനമാണത് ശക്തിയുടെ ആദ്യ സ്രോതസ്സിനെ നമ്മൾ ഉള്ളിൽ കാണും നമ്മൾ ജപിക്കുന്നില്ല പക്ഷെ ആ ജപ ഉണ്ടുള്ളിൽ അതാണ് സ്ഫുരത് ആ സ്ഫുരണയെ മൂലസ്ഫൂർത്തിയെ ഉള്ളിൽ കാണുക അതിന് മനോമണ്ഡലത്തിൽ അഭിമാന എൻട്രി ഡോർ അതെപ്പോഴും നമ്മൾക്ക് അറിയപ്പെടുന്നതോ എന്റെ ജീവിതം എന്റെ പ്രശ്നങ്ങൾ എന്റെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല എനിക്ക് സാധിച്ചു എന്തൊക്കെയോ ഈ എനിക്ക് ഞാൻ ഇവിടെയാണ് നമ്മൾ അതിനെ വികാരമണ്ഡലത്തിൽ നമുക്ക് തൊടാനുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് അതാണ് അവിടെയേ നമുക്ക് തൊടാൻ പറ്റുള്ളൂ ഡെപ്ത്ത് തൊടാൻ പറ്റില്ല അന്തർമുഖമായ ബുദ്ധിക്ക് സ്പർശിക്കാവുന്ന ഒരു സാധനം അഹങ്കാരത്തിന്റെ രൂപമാണ് ആരോ എന്നെ എന്തെങ്കിലും പറയുമ്പോ ഒരു ഒരു സെന്റേർഡ് ഫീലിംഗ് ഓഫ് പൾസേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ എന്നെ പറഞ്ഞു എന്റെ ജീവിതം എങ്ങനെയായി ഇതാണല്ലോ നമുക്ക് പ്രശ്നമാവുക അല്ലെ ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണിത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഒന്നും സംഭവിക്കാതിരുന്ന ബോർ അടിച്ചുപോലെ അപ്പൊ ഇങ്ങനെ കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സംസാരത്തില് ആരെങ്കിലും എന്തെങ്കിലും പറയും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും ആരെങ്കിലും നമ്മളെ നല്ലതോ ചീത്തയോ പറയും എന്തെങ്കിലും ആരെങ്കിലും മരിച്ചു പോവും ആരെങ്കിലും ജനിക്കും വ്യാധികൾ ഉണ്ടാവും പണം വരും പണം പോവും എന്തെങ്കിലുമൊക്കെ നടക്കും ഈ നടക്കുന്നതൊക്കെ ആർക്ക് ബാധിക്കണോ ആ ഒരു ചോദ്യം ഇങ്ങനെ പിടിക്കണം മുമ്പിൽ നടക്കുന്നതൊക്കെ ആരെ ബാധിച്ചു ആയതുകൊണ്ട് ഉത്തരം പറയാൻ പാടില്ല ഉള്ളിൽ ശ്രദ്ധിക്കണം ഒരു എന്തോ ഒരു സെന്റർ ആ സെന്ററില് ഫീലിംഗ് ഓഫ് ഹൈദർ എക്സൈറ്റ്മെന്റ് ഓർ പെയിൻ എനിക്ക് സാധിച്ചു എനിക്ക് ബാധിച്ചു എന്നെ എന്റെ കഷ്ടം എന്റെ ബുദ്ധിമുട്ട് ഒരു ചലനം ആ ചലനത്തിനെയാണ് എവിടുന്ന് ഉദിക്കണുന്ന് ശ്രദ്ധിക്കുന്നത് ആ ചലനം എവിടെ ഉദിക്കണു ആ ചലനം എവിടെ പൊന്തുണോ ആ ചലനം എവിടുന്നാണ് പൊന്തിങ്ങനെ വരണത് എന്ന് ശ്രദ്ധിച്ചാൽ അന്വേഷിക്കുമ്പോൾ അത് പൊന്തുന്ന സ്ഥലത്ത് ലയിക്കും ഹൃദയം എന്ന് പറയണത് അതിന്റെ ആ സ്പന്ദനത്തിന്റെ ഉറവിടമാണ് ആ സ്പന്ദനത്തിന്റെ ഉറവിടത്തിനെയാണ് ഹൃദയം എന്ന് പറയുന്നത് ആ ഉറവിടത്തിൽ അത് ആ വിശ്രാന്തി പ്രാപിക്കുമ്പോൾ ഒരു മൂല സ്പന്ദനത്തിനെ നമ്മൾ തൊടുന്നു അതാണ് സംസ്ഫുരത് എന്ന് പറഞ്ഞത് സമ്യക് സ്ഫുരത് സ്ഫുരണ അഹം സ്ഫൂർത്തി സച്ചിത് സുഖം അത് സത്താചിത് സുഖ രൂപമാണ് എന്നുവെച്ചാൽ ആ സ്ഫൂർത്തി അതിന്റെ അധിഷ്ഠാനത്തിനെ റിവീൽ ചെയ്തുകൊണ്ടേയിരിക്കാണ് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ആ മൂലസ്പന്ദനം എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെ അതിന്റെ സോഴ്സിനുള്ള സ്റ്റിൽനെസിനെ റിവീൽ ചെയ്യാനാണ് ഒരു പുരുഷനെ ഒരാളെ കാണാൻ ഒരു ഗസ്റ്റ് വരുമ്പോ അവരുമർത്ത് നിൽക്കുമ്പോ അകത്തുനിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ പുറത്തു വന്നിട്ട് അദ്ദേഹം അകത്തുണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവരകത്തേക്ക് പോവാണ് പിന്നെ അവരെ കാണില്ല ഗൃഹനാഥനെയാണ് കാണുന്നത് അതുപോലെയാണത്രേ ഈ ശക്തി മൂലശക്തി തന്നെ എക്സ്പ്രസ് ചെയ്തിട്ട് സോഴ്സില് മറയണത് ശിവത്തില് നിശ്ചലതയിൽ അച്ചലത്തിൽ പിന്നെ ആ അച്ചലം സച്ചിത് സുഖം മാത്രമേ ഉള്ളൂ തുരീയം ആ തുരീയം അതിനെ നമ്മള് അകമേ പ്രകാശിച്ചു കാണുമ്പോ അതിൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥകളൊന്നുമില്ല ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഒന്നുമില്ല അതിൽ ടൈം സ്പേസ് കോസേഷൻ ഒന്നുമില്ല ദേശകാലനിമിത്തങ്ങളൊന്നുമില്ല അതില് മനസ്സില്ല അതിൽ പ്രാണനില്ല അതിൽ ജീവാഹന്ത ഇല്ല അതിൽ സൃഷ്ടി നടന്നിട്ടേ ഇല്ല അതിലാരും ജനിച്ചിട്ടില്ല ആരും മരിക്കണില്ല ഒന്നും സംഭവിക്കുന്നില്ല അതില് അഭവമാണത് അച്ചലമാണ് അതിനെ വീണ്ടും വീണ്ടും കാണുകയും ഒരു പ്രാവശ്യം കണ്ട നമ്മൾ അതിന് സമാധി എന്ന് പറയണു പിന്നെ എന്താവണു പിന്നെയും മനസ്സ് പൊന്തും അല്ലെ അതാണോ കുഴപ്പം അപ്പോ മനസ് നമ്മൾക്ക് അപ്പോ നമ്മൾ അറിയ ഹാബിറ്റ് ഓഫ് മൈൻഡാണ് അതിൽ നിൽക്കുന്നതിന് തടസ്സമായിട്ട് നിക്കണത് അപ്പൊ അതിനെന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം പുറമേക്ക് ജീവിതത്തിനെ ഒതുക്കിക്കൊള്ളണം അകമേക്കുള്ള ഈ ചലനത്തിനെ കുറച്ചുകൊള്ളണം അതിനൊക്കെയാണ് ആത്മവിചാരം സാധന തപസ്സെന്നൊക്കെ പറയുന്നത് പതുക്കെ പതുക്കെ പതുക്കെ യു അഡ്ജസ്റ്റ് യുവർ ലൈഫ് ഇൻ way That you get established in എറ്റ് അതുവരെയും അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും നമ്മള് ശാന്തമായിട്ടിരിക്കണം എന്ന് വിചാരിച്ചാലും നടക്കുക പിന്നെയും ആ ഫോഴ്സ് പുറത്തേക്ക് തള്ളിയിട്ട് പലതും ജയിപ്പിക്കും വീണ്ടും ആ സോഴ്സിൽ പോവും ആ സമാധി എന്ന് പറയണത് എന്ന് പറയണത് നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധ ഈ വാസനകളുള്ളവരെ പ്രതിബന്ധമില്ലാതെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പറ്റുക അപ്പൊ വാസനാ പ്രക്ഷയം ജാഗ്രത്തിൽ അത് പുറമേക്ക് മാനിഫെസ്റ്റ് ആകുമ്പോഴാണ് അതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അതൊക്കെ തന്നെ വിചാരം കൊണ്ടും ഈശ്വര കൃപ കൊണ്ടും നമ്മളിപ്പോ വാസന എന്നൊക്കെ ഒരു സയൻസ് പോലെ പറയണു ആ ശക്തി തന്നെയാണ് നമ്മളുടെ പേഴ്സണാലിറ്റിയും ഒക്കെ കാണിക്കണത് അല്ലേ അപ്പൊ ദാറ്റ് ഈസ് എ ഫുൾ പേഴ്സൺ അതുകൊണ്ടാണ് അതിനെ മഹാമായ എന്ന് പറയണത് ഈശ്വരൻ ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു രമണോ ഭഗവാന്റെ അടുത്ത് അതെ നിങ്ങൾ വ്യക്തിയാണെങ്കിൽ ഭഗവാൻ ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ അദ്ദേഹം മാത്രമാണ് വ്യക്തി എന്നാണ് നിങ്ങളുടെ വ്യക്തിത്വം അതിൽ വന്നു പോകുന്ന സ്പാർക്സ് മാത്രമാണ് അതുകൊണ്ട് ആ ശക്തി നമ്മൾക്കിപ്പോ ആത്മവിചാരം നമ്മളെ ചെയ്യിപ്പിക്കുന്നത് തന്നെ ആ ശക്തിയാണ് നമ്മൾ അറിഞ്ഞു ഈ വാസനകളാണ് നമ്മളെ ആ സ്ഥിതിയിൽ ഇരിക്കാൻ ശിവ ശിവാനുഭവത്തിലിരിക്കാൻ അനുവദിക്കാത്തത് എന്നറിയുമ്പോ ആ ശക്തിക്ക് തന്നെ നമ്മൾ നമ്മളെ അർപ്പിച്ച് രക്ഷപ്പെടാനുള്ള വഴി നോക്കുമ്പോ അത് നമ്മളെ പതുക്കെ പതുക്കെ പതുക്കെ നിവർത്തിപ്പിച്ച് അശുദ്ധ ശിവത്തിൽ ഐക്യമാക്കി തീർക്കും ശിവശക്തി ഐക്യരൂപിണി ആ ശക്തി നമ്മൾ കണ്ടാൽ നമ്മൾ അഭിമാനം വിട്ട് ആ ശക്തിക്ക് നമ്മൾ ശരണാഗതി ചെയ്യുമ്പോ ആ ശക്തി നമ്മളുടെ ദോഷമൊക്കെ നിവർത്തിപ്പിച്ചോളും അതാണ് ഉത്തമ സാധന നമ്മൾ ചെയ്യുന്ന സാധനയൊക്കെ ടിൽ വി ഫൈൻഡ് ദറ്റ് ഫോഴ്സ് ആ ശക്തിയെ അകമയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യണ വരെയാണ് നമ്മളുടെ പുറമേ നിന്നുള്ള യത്നം ആ ശക്തിയെ കണ്ടുകഴിയുമ്പോ സർവധർമാൻ പരിത്യജ്യ മാമേക്കം ശരണം അവിടെ മാം എന്നൊക്കെ ഈ ശക്തിയാണ് എനിക്ക് ശരണാഗതി ചെയ്യൂ എന്ന് കൃഷ്ണൻ പറയുമ്പോൾ ഞാൻ എന്നൊക്കെ കൃഷ്ണൻ പറയണത് ആ മൂലശക്തിയോട് തന്നെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയ്യൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ ഹൃദയത്തിലിരുന്നു കൊണ്ട് ആ ശക്തി യന്ത്രത്തിൽ കയറ്റി ചുറ്റിപ്പിക്കുന്ന പോലെ നമ്മളുടെ ലൈഫ് മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മോണിറ്ററിംഗ് അല്ലെ അതിനെ അറിഞ്ഞിട്ട് സറണ്ടർ ടു ഹിം ആ ഉള്ളിലുള്ള ശക്തിക്ക് ശരണാഗതി ചെയ്യുകയാണ് വെച്ചാൽ അതിന്റെ കയ്യിൽ നമ്മൾ കൊടുത്താലോ എന്ത് സങ്കൽപ്പിച്ച് കൊടുക്കണോ അതൊക്കെ അത് തീർത്തുതരും മോക്ഷം സങ്കൽപ്പിച്ച് ആത്മവിചാരം ചെയ്ത ആ ശക്തിയെ കണ്ട് നമ്മൾ അതിന്റെ കയ്യിലൊരു യന്ത്രമായാൽ യാക്തിഹേതു അവിചിന്യ മഹാവ്രതാത്വം മുക്തിഹേതുവാണ് ആ ശക്തി അത് പതുക്കെ പതുക്കെ ഇൻസോൾവൻസി പ്രഖ്യാപിച്ചാൽ ഗവൺമെന്റ് ആ കമ്പനിയൊക്കെ എടുത്തിട്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു തീർത്തിട്ട് ഇവരെ ഫ്രീ ആക്കണ പോലെ ഇൻസോൾവൻസി പ്രഖ്യാപിക്കുകയാണ് ഇനി എനിക്കൊന്നുമില്ല എന്നെ കൊണ്ട് വയ്യാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി പ്രാരബ്ധ കർമ്മങ്ങളെയൊക്കെ തീർത്ത് ബ്രഹ്മവിശ്രാന്തി തരും പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം ആയിത്തീരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത്യപകടമാണ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒന്നുമാകാനുള്ള വ്യഗ്രത ഉണ്ടാവാൻ പാടില്ല എന്നാൽ ആ ശക്തി ചാർജ് എടുക്കും നമുക്ക് എന്തെങ്കിലും ആവാനുള്ള ഒരു വ്യഗ്രത ഉള്ളിൽ ഉണ്ടെങ്കിൽ ബിക്കമിംഗ് ദ സീഡ് ഓഫ് സഫറിംഗ് അത് ബിക്കമിംഗ് ആണ് എന്തോ ആവണം എന്നുള്ള വ്യഗ്രത ഉണ്ടെങ്കിൽ അതും തരും പക്ഷെ അത് നമുക്ക് ജ്ഞാനത്തിന് കാരണാവില്ല അശാന്തി ഉണ്ടാക്കും ആ പൂർണ്ണത്വം ഉള്ളിലെ ഒരു വശത്ത് ശിവൻ മറ്റൊരു വശത്ത് ശക്തി ആ ശിവത്തിനെ കണ്ടാലേ ഈ ശക്തി അറിയാൻ പറ്റുള്ളൂ അതുവരക്കും ഇത് മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ തോന്നും അല്ലെ നമുക്ക് നോക്കുമ്പോ നല്ല രസമായിട്ടുണ്ട് വേദാന്തം കേൾക്കുമ്പോൾ കെമിസ്ട്രി ഫിസിക്സ് പോലെ തോന്നും ഓൺലി വെൻ യു ടച്ച് ദ ഡെപ്ത് വെൻ യു നോ you have touched something very personal. Then we are going to prove that no matter where we can find it impersonal. We can say it as a light connection. It is all the light that we are capable of talking to. It doesn't have gluten or oxygen Sweden. It's the source of supreme intelligence. That's why we have one person in our lives and one person in our lives and one person in our lives and one person in our lives. That's it. Pitaha masya jagataha maata dhata pitamaha Vedyam pavitram unkaraha rukhsamayajurevaca Gatir bhartha prabhu sakshi nivasa sharanam suhurth Prabhava pralayasthanam nidhanam bicham avyayam അച്ഛനാണ് അമ്മയാണ് മുത്തശ്ശനാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ലോസ് ആവില്ല എന്നർത്ഥം യു വിൽ ഗെറ്റ് ദ ഹോൾ ഫാമിലി ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ഫാമിലി ട്രീ എല്ലാ വലിയൊരു കൂട്ടുകുടുംബം എന്നുവെച്ചാൽ യു ഗെറ്റ് ഓൾ ദ ലവ് അച്ഛൻ അമ്മ ബന്ധുക്കൾ എല്ലാവരും അവിടെയുണ്ട് ഭഗവാനാണ് എല്ലാമേ ഒരു സ്ത്രീയെ അമ്മയാക്കി തന്നത് ഈശ്വരനാണ് ഒരു പുരുഷനെ അച്ഛനാക്കി തന്നത് ഈശ്വരനാണ് ഒരാളുടെ അടുത്തിരുന്ന് നമുക്ക് പ്രിയം തരുന്നത് ഭഗവാനാണ് അപ്പൊ ഉള്ളിലുള്ള ആ ഭഗവത് ശക്തിയെ കാണുമ്പോ എല്ലാ പ്രിയമും ചേർന്നു വന്നു എല്ലാ പ്രൊട്ടക്ഷനും ചേർന്നു വന്നു എല്ലാ ഹീലിങ്ങും ചേർന്നു വന്നു അച്ഛനും അമ്മയും ബന്ധുക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ അവിടെയുണ്ട് അതിനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായി പൂർണ്ണ സംരക്ഷണം അവിടെയുണ്ട് യോഗക്ഷേമത്തിനെ നമ്മൾ കണ്ടു അതാണ് ഭഗവാൻ പറഞ്ഞത് അനന്യമായി എന്നെ ആര് ഭജിക്കുന്നു അവർ യോഗക്ഷേമം അവർക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് എന്ന് വെച്ചാൽ യു ഫീൽ ഓൾവേസ് പ്രൊട്ടക്റ്റഡ് സെക്യൂർ പൂർണ്ണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ ആ നിത്യനിരന്തര അമൃത വസ്തുവുമായിട്ട് ഒന്നാവുമ്പോ പിന്നെ മരണത്തിനെ ഭയമോ ജീവിതത്തിനെ കുറിച്ചുള്ള വിഷമങ്ങളോ ഒന്നുമില്ല ഒക്കെ ഈ ഉണ്ടാക്കുന്ന വിഷമങ്ങളാണ് അപ്പോ ആ അച്യുതനെ തം ദേവദേവമജം അച്യുതമാഹുരഗ്രിയം ആ ഭഗവാനെ ഹൃദയത്തിൽ കാണുകയാണ് ഹൃദയത്തില് ആ ഭഗവത് സ്വരൂപത്തിനെ അനുഭവിക്കുകയാണ് പൂർണ്ണത്വത്തിനെ അനുഭവിക്കും നേരം വിളിച്ചാവുമ്പോ പ്രഭാതത്തിൽ തന്നെ ഭഗവാനെ ആത്മസ്വരൂപമായി അന്തർഗാമിയായി ധ്യാനിച്ചുകൊണ്ട് എഴുന്നേക്കണം ഈ പ്രാതസ്മരണ സ്തോത്രം വേദാന്തപരമായിട്ട് മാത്രമല്ല ദേവീ ദേവന്മാരുടെ രൂപത്തിലൊക്കെ പ്രാതസ്മരണ സ്തോത്രമുണ്ടല്ലോ അങ്ങനെ പ്രാതസ്മരണം രാവിലെ എണീറ്റ് ഭഗവത് സ്മരണം ആത്മസ്മരണം ആത്മധ്യാനം നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ ഉള്ളിലുള്ള ആ ശുഭ്രജ്യോതിസിനെ പരമപ്രകാശത്തിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൻ്റെ കൃത്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ഹൃദയത്തിൽ കാണുക അതിനുശേഷം രോഗവ്യവഹാരം ചെയ്താലും ഒരു അണ്ടർ കറണ്ട് പോലെ ഇതുണ്ടാവും പുറകെ ഈ ഭഗവത് അനുഭവ രസം അനുഭൂതി രസം പുറകെ ഉണ്ടാവും അതിൻ്റെ പിന്തുണയിലാണ് വ്യവഹാരങ്ങളൊക്കെ നടക്കാം നമ്മളുടെ ഉള്ളില് പുറകില് ആ ഭഗവത് സാന്നിധ്യം ഉണ്ടാവും ആ സാന്നിധ്യത്തോടുകൂടിയാണ് വ്യവഹാരങ്ങളൊക്കെ ചെയ്യാം അതുകൊണ്ട് പ്രാതർഭജനം പ്രാതസ്മരണം ഈ മൂന്ന് ശ്ലോകത്തില് നമ്മൾ കണ്ടു എത്മാവസി ത്വമ തോന്നം മമ കിഞ്ചിത യഥാഷ്ടം കൂരുമാം തഥൈ ത്മനാഥം രമണം ഭജാം